പ്രസിദ്ധ ഭാഷത്തെ ചോദിച്ചു ബ്രഹ്മത്തെ നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ ആരോടാ ചോദിക്കുന്നത് ബ്രഹ്മത്തെ അറിഞ്ഞോ അറിഞ്ഞില്ലയോ ആരോടാ ചോദിക്കുന്നു ആരോടാ ചോദിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അവരോടാണ് ഈ ചോദ്യം ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞാണ് അവരോട് ചോദി ആ വേദാധ്യയനം ചെയ്തു വരാറോ വേദം പഠിക്കുമ്പോഴാണ് ്രഹ്മത്തെ അറിയാൻ ഉള്ള ഒരു വഴി തുറക്കുന്നത് അങ്ങനെ ഏതാധ്യനം ചെയ്തതിനോട് ചോദിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എഴുതി പ്രസിദ്ധം അറിഞ്ഞെങ്കിൽ എന്നാൽ ജിജ്ഞാസിതമ്യം എന്നെ അറിയുന്നതിനുള്ള ഇച്ഛ എങ്ങനെ ഉണ്ടാവും അതപ്രസിദ്ധം നീ അറിഞ്ഞില്ലെങ്കിൽ ദൈവശക്യൻ ജിജ്ഞാസും അറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും രണ്ടായാലും ഒരേ ദോഷം എന്താണ് ദോഷം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ദോഷമൊന്നും തന്നെ ഉണ്ടാകും ക്ലാസ്സുകൾ കേട്ടാലേ നിങ്ങൾക്ക് ഇതിന്റെ ഓരോ തുടർച്ച കിട്ടും എന്താ ഓരോ ക്ലാസ്സിലും വന്നിങ്ങനെ വിഴുങ്ങസ്യാന്നും പറഞ്ഞിരുന്നിട്ട് പോയാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല ബ്രഹ്മത്തെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല അറിഞ്ഞാൽ പിന്നെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല അറിഞ്ഞില്ലെങ്കിൽ അറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഒരിക്കലും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല ഇതാണ് ദോഷം പുതി പ്രസിദ്ധം അടുത്ത് അറിഞ്ഞുവെങ്കിൽ വേദാന്തവാക്യസമുദ്ധേന വേദാന്തവാക്യത്തിൽ നിന്നും ഉണ്ടാകുന്നതായ നിശ്ചയജ്ഞാനേന വിഷയീകൃതം നിശ്ചയജ്ഞാനം കൊണ്ട് വിഷയമാകുന്നു ബ്രഹ്മ തോ അതുകൊണ്ട് ഇന്ന് ജിജ്ഞാസത് ഞാൻ പിന്നെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല എന്ന് കൃത്യമായി പറയുന്നു വേദ അധ്യയനം ചെയ്ത ഒരുത്തന് വേദാർത്ഥം ഞാനും ഉണ്ടാവണോ അപ്പം വേദത്തിൽ നിന്നുണ്ടായ നിശ്ചയജ്ഞാനം കൊണ്ട് ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടാവും ജിജ്ഞാസുണ്ടാവത്തില്ല അറിഞ്ഞ പിന്നെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും വേദം പഠിച്ചപ്പോ തന്നെ അറിഞ്ഞുകഴിഞ്ഞു പിന്നെ എങ്ങനെ ആഗ്രഹം ഉണ്ടാവും പറയുന്നത് നിഷ്പാദിതക്രിയ കർമ്മണി വിശേഷ ആദായന സാധന സാധന ന്യായ അതിപാത ഇവിടുത്തെ സാധനം എന്ന് പറയുന്നത് വേദാന്തവാക്യമാണ് അതിൽ നിന്ന് നിഷ്പാദിതക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് അത് അറിവിനെ ഉണ്ടാക്കി ക്രിയെന്നുവെച്ചാൽ ഇവിടെ അറിവു അറിവിനെ ഉണ്ടാക്കി എന്നാണ് നിഷ്പാദിതക്രിയ ഇവിടെ കർമ്മണി ഒരു വിഷയത്തിൽ ്രഹ്മെന്ന് പറയുന്ന വിഷയത്തിൽ വേദാന്തവാക്യം അറിവിനുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ആ വേദാന്തവാക്യം അറിവിന് സാധനമല്ല കാരണത് അതുകൊണ്ട് അറിവുണ്ടായി കഴിഞ്ഞു ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള സാധനം ഉപായവും വേദാന്തവാക്യത്തെ അറിയുന്ന സാധനം എന്താണ് അല്ല ബ്രഹ്മത്തെ അറിയുന്നുള്ള സാധനം എന്താണ് വേദാന്തവാക്യം അതിൽ നിന്ന് അറിവുണ്ടായി ബ്രഹ്മത്തെ അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധനമല്ല എന്തിന് ആ അറിവിലുള്ള സാധനം അല്ല വള്ളം ഉപയോഗിച്ച് നദി കടന്നുകഴിഞ്ഞാൽ പിന്നെ നദി കിടക്കുന്നതിന് ആ വള്ളം സാധനമല്ല കാരണം കഴിഞ്ഞു എന്നുവെച്ചാ സംഭവിച്ച കാര്യത്തെ കുറിച്ച് നാളെ നദി കിടക്കാൻ വീണ്ടും വള്ളം വേണ്ടിവരും അതിനെ കുറിച്ചല്ല പറയും വള്ളം ഉപയോഗിച്ച് നദി കിടന്നു നടന്നു കഴിഞ്ഞാൽ മറുകര എത്തി വള്ളത്തെ ഒരു സാധനം ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു കാര്യം നേടി നേടിക്കഴിഞ്ഞതിനു ശേഷം പിന്നെ വള്ളത്തെ ഒരു സാധനം ആക്കേണ്ട കാര്യം കാരണം കാര്യം നേടിയല്ലോ പിന്നെ എപ്പോഴെങ്കിലും മറികടക്കേണ്ടി ആവശ്യം അതിന്റെ നേടിയത് അതിന്റെ സാധനം വീണ്ടും അതിനാക്കേണ്ട കാര്യമില്ല അതിന്റെ ജോലി കഴിഞ്ഞു അപ്പൊ എല്ലാ കർണങ്ങൾക്കും ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഒരു പ്രവൃത്തി ഒരു ഒരു കർണം കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ച കാര്യത്തിന് പിന്നെ അത് പേന ഉപയോഗിച്ച് എഴുതി ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ പുസ്തകം എഴുതുന്നതിന് ആ പേന കരണമല്ല പേന കൊസ്തവം അതേ ബസ്സുകളിൽ നിന്നേനെ വീണ്ടും അതേ വീണ്ടും കാരണമല്ല കാരണം കാര്യം നടന്നു എവിടെയും പറയുന്നത് നിഷ്പാദിതക്രിയ കർമ്മണി ഒരു വിഷയത്തിൽ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ അവിശേഷ ആദായന സാധനം പിന്നെ അവിടെ ആ സാധനം ആ വേദാന്തവാക്യം പ്രത്യേകിച്ച് വിശേഷിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല അവിശേഷ ആദായനുവച്ച വിശേഷത്തെ ഒന്നും അത് സൃഷ്ടിക്കുന്നില്ല ഏത് ഏത് സാധനം വേദാന്തവാക്യം അതുകൊണ്ട് സാധനന്യായ അതിപാത അവിടെ പിന്നെ സാധനം എന്നുള്ള ഒരു യുക്തി അതിൽ പ്രവർത്തിക്കുന്നത് അതിന് സാധനം വന്ന് വിളിക്കാൻ കഴിയില്ല സാധന യുക്തിയെ അത് അതിക്രമിക്കുന്നു സാധനന്യായം എന്ന് പറഞ്ഞാൽ സാധനം എന്നുള്ള ഉപകരണം എന്നുള്ള ഒരു യുക്തിയെ തിബാധം ചെയ്തി അതിക്രമിക്കുന്നു പിന്നെ സാധനമില്ല സാധന പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു കാര്യത്തെ ഒരു സാധനം കൊണ്ട് ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ സാധിച്ചതിന് പിന്നെ അത് സാധനമില്ല സാധിക്കുന്നതുവരെ അത് സാധനമാകത്തുള്ളൂ ഒരു കോടാലി കൊണ്ട് വേറെ കയറി കഴിഞ്ഞാൽ കീറിക്കഴിഞ്ഞ ആ വിറകുന്നു കീറിയതിനു ശേഷം ആ വിറക് കഴിഞ്ഞുപോയ ആ വിറക് കീറലിന് ആ കോടാന് വീണ്ടും ഒരു ഉപായമാകത്തില്ല മുമ്പായിരുന്നു വീണ്ടും അത് ഉപായം ആകത്തില്ല കാരണം കാര്യം സംഭവിച്ചു അതുകൊണ്ടെന്താ പറയുന്നു വേദാന്തവാക്യങ്ങളിൽ നിന്നാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാവേണ്ടത് ഒരുത്തനു വേദ അധ്യയനം ചെയ്തപ്പോ തന്നെ ബ്രഹ്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞു പിന്നെ അവന്റെ മനസ്സിൽ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാവും എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനം ഇനി അത് അപ്രസിദ്ധം വേദാന്ത ഇനി പറയണം ഒരാള് അധ്യയനം ചെയ്തു വേദ എന്താ അധ്യയനം പക്ഷെ ഒന്നും അറിഞ്ഞില്ല ബ്രഹ്മത്തെ അറിഞ്ഞില്ലെങ്കിൽ കർമ്മത്തെ കുറിച്ചൊക്കെ ഞാനുണ്ടായി പക്ഷെ ബ്രഹ്മത്തെ കുറിച്ച് ഒരറിവുണ്ടായില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് വേദാന്ത ആ ഉപനിഷത്തുകൾ പ്രതിപാദേന്തി ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നില്ല പറഞ്ഞെങ്കിൽ അറിഞ്ഞന് വേദാന്തത്തിൽ ബ്രഹ്മം എന്ന് പറയുന്ന ഒരർത്ഥം ഇല്ല ഇല്ലാത്തോണ്ടവൻ അറിയാത്തത് ഇത് സർവദ്രസിദ്ധം ഒരു തരത്തിലറിഞ്ഞില്ല വേദാധ്യനം ചെയ്തിട്ടും ഒരാള് ബ്രഹ്മത്തെ അറിഞ്ഞില്ലെങ്കിൽ എന്താ ഇന്ന് മനസിലാക്കേണ്ടത് എന്താണ് എന്തെന്നാ ഇപ്പൊ വേദാന്ത അധ്യയനം കൊണ്ട് ഒരാൾ ബ്രഹ്മത്തെ അറിഞ്ഞില്ലെങ്കിൽ അതിന് എന്താ മനസ്സിലാക്കേണ്ടെന്ന ഇപ്പൊ പറഞ്ഞത് അറിഞ്ഞില്ല ഓ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരാള് വേദത്തെ അധ്യയനം ചെയ്തോ അതിൽ നിന്ന് അയാൾക്ക് വേദാന്തർമ്മത്തെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണോ എന്നിവിടെ ഇപ്പൊ പറഞ്ഞോ വായിച്ച അർത്ഥം പറഞ്ഞു ഇവിടെ പറഞ്ഞ എന്നാ പറഞ്ഞത് അന്ന് വായിച്ചു നോക്കി വായിച്ചാ അല്ല മനസ്സിലാവും ഞാൻ പ്രതിവേദം ആ ബ്രഹ്മത്തെ പറയുന്നില്ല തദ്ദേത പ്രതിഭാദവേന്ദി വേദം ആ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നില്ല എന്നാണ് ഒരാള് വേദം അധ്യയനം ചെയ്ത് അയാൾക്ക് ബ്രഹ്മത്തെ അറിഞ്ഞുണ്ടെങ്കിൽ അനർത്ഥം ആ വേദം ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നില്ലെന്നാണ് എന്ന് പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നു ആ പിന്നെന്താ പിന്നെന്താ ഒരു സെക്കൻഡ് കഴിയുമ്പോ വെള്ളത്തി വരച്ച പോലെ പോലെ എവിടെ പോകുന്നത് ഒരു സെക്കൻഡ് എന്താ താമസം അറ്റൻഷൻ ഇല്ല അതാണ് പ്രശ്നം അറ്റൻഷൻന്ന് പറഞ്ഞാണ്ട കേക്കുന്ന വിഷയത്തിൽ മനസ്സ് നിക്കുന്നില്ല വേറെ എന്തൊക്കെയോ ചിന്തിക്കുന്നു ഇപ്പൊ എന്താ ഇത്രയും കൂടുതൽ ചിന്തിക്കണമൊന്നും അടുത്തില്ലല്ലേ അതിന് ഇനി സമയം ഉണ്ടല്ലോ ഏർപ്പെടുത്തുക അതൊക്കെ വേദാന്ത പ്രതിബന്ധതയിൽ വേദാന്തനെ കുറിച്ച് പറയുന്നില്ല സർവതാപ്രസിദ്ധം അപ്പൊ പിന്നെ അത് അറിഞ്ഞേയില്ല വേദം വേദം ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അറിയും സർവതാപ്രസിദ്ധം പൂർണമായും ഈ ബ്രഹ്മത്തെ അറിഞ്ഞില്ല എന്തുകൊണ്ട് വേദം പറഞ്ഞില്ല ദൈവസഖ്യം ജിജ്ഞാസ അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും ഒരാൾക്ക് ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അയാൾ അറിഞ്ഞില്ല പക്ഷെ അത് സത്യല്ലോ അയാൾ അറിഞ്ഞില്ലെന്നല്ലോ വേദത്തില് അയാൾ അറിഞ്ഞില്ലെങ്കിൽ ഉള്ള കാര്യം പറയണം ഒരാൾ വേദം പഠിച്ചും അയാൾ അറിഞ്ഞില്ലാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വേദത്തിൽ അത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല അയാൾ അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അയാൾക്കൊരിക്കലും ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ചോദ്യം ഡയറക്ട് നീ ബ്രഹ്മത്തെ അറിഞ്ഞോ അറിഞ്ഞില്ലയോ അറിഞ്ഞു എന്ന് പറഞ്ഞാലും ദോഷം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും ദോഷം രണ്ട് പറഞ്ഞാലും ഒരു ദോഷം എന്തോ ദോഷമാണ് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല അതുതന്നെ വിശദീകരിക്കുന്നു അനുഭൂദേഹി പ്രിയെ ഭവതീച്ച അറിഞ്ഞ പ്രിയപ്പെട്ട ഒരു വസ്തുവിനാണ് ആഗ്രഹം ഉണ്ടാവുന്നത് അല്ലേ അറിഞ്ഞു ജിലേബി എന്നുള്ളതിനെ കുറിച്ച് ഒരാൾക്ക് അറിയാം അറിഞ്ഞാത്ത ആഗ്രഹം ഉണ്ടാവുന്നു കഴിക്കണമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ഒരാൾ ജിലേബി എന്നുള്ളതിനെ ഒരാൾ അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ ജിലേബിക്ക് എങ്ങനെ ആഗ്രഹം ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവത്തില്ല അനുഭൂതേ ഹി പ്രിയെ പ്രിയപ്പെട്ട ഒന്നിൽ ഒന്നിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഭഗവതി വീണ്ടും അനുഭവിക്കാനുള്ള ഇവിടെ അനുഭവം അറിവ് എല്ലാം ഒരേ അർത്ഥത്തിലിരിക്കുക രണ്ടും രണ്ടായിട്ടല്ല സർവഥ അനുഭൂതപൂർവേ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ അനനും ഭൂതപൂർവ്വം എന്ന് വെച്ചാൽ മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ സർവകലാന്ന് വെച്ചാൽ ഒരു തരത്തിലും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല സ്വപ്നം കണ്ടിട്ടില്ല അനുമാനിച്ചിട്ടില്ല ഒരു തരത്തിലും ഒരാള് ജിലേബിയെ കുറിച്ച് അയാൾക്ക് ഒരു ബോധമില്ലെങ്കിൽ അയാൾക്ക് ജിലേബി കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല അപ്പൊ ഈ ബ്രഹ്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും അറിയണോന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ റിഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പിന്നെന്താഗ്രഹം പറഞ്ഞിരുന്നു വേദത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നൊണ്ട് ഞങ്ങളെ ബ്രഹ്മം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ റിയലൈസിയേഷൻ ചെയ്തില്ലേ വേദം പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു വി ആർ ദ സീക്വേഴ്സ് ഉറപ്പാണ് അത് ശാസ്ത്രം ഇങ്ങനെ പറഞ്ഞിരിക്കുക മനസ്സിലാക്കി തന്നിരിക്കുക അതിനെക്കുറിച്ച് കൊണ്ടുവന്ന ശാസ്ത്രം മനസ്സിലാക്കി തന്നു പറയുന്നു ശാസ്ത്ര അതിന് നിയമാസ ചെയ്തിട്ടില്ലേ ഇങ്ങനെ ആപാദക ജ്ഞാനം മാത്രം പറയുന്നു അടുത്ത് ഒരിക്കലും അറിയാത്ത കാര്യത്തിൽ ആഗ്രഹം ഉണ്ടാകത്തില്ല ഇനി ഇഷ്യമാണോ അഭിജക്യുഞ്ഞാതും ഇനി ഒരാള് ആഗ്രഹിച്ചെന്നിരിക്കട്ടെ ഇതിനെ അറിയാൻ അറിയാൻ പറ്റത്തില്ല ഒരാൾക്ക് ബ്രഹ്മത്തെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായി ആഗ്രഹിച്ചാലും ഇതിനെ അറിയാൻ കഴിയത്തില്ല എന്തുകൊണ്ട് കഴിയത്തില്ല പ്രമാണ അഭാവം ഇതിന് പ്രമാണമില്ലല്ലോ ബ്രഹ്മത്തെ അറിയുന്നതിന് പ്രമാണമില്ല പ്രമാണം അറിയുന്നത് എന്താണ് മീൻസ് ഓഫ് പ്രമാകരണം എന്തൊക്കെയാണ് പ്രമാണം പ്രത്യക്ഷം ശബ്ദം ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം ഇവിടെ ഇപ്പോ ശബ്ദം എന്ന് വെച്ചാ വേദം വേദം അധ്യയനം ചെയ്തു അയാൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേദത്തെ അറിയുന്നതിന് പ്രമാണമില്ല പ്രമാണം ഉണ്ടെങ്കിലേ പ്രമേയം ഉണ്ടാകത്തുള്ളൂ അതാണ് ഗുരുവും പറഞ്ഞിരിക്കുന്നത് എന്ത് അവാങ്മനോ ഗോചരം ഇതലങ് ചരിച്ചിടും പ്രമാണം എവിടെ പറഞ്ഞിരിക്കുന്നു ശങ്കരാചര് പറഞ്ഞ എന്താണ് അവാങ്മനോ ഗോചരം വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത ഇതിൽ പ്രമാണെങ്ങനെ പ്രവർത്തിക്കും അപ്രത്യക്ഷ അനുമാന ബഹുമാനം ശബ്ദം ഇതെല്ലാം അങ്ങനെ പ്രവർത്തിക്കും പ്രമാണം പ്രവർത്തിക്കാതെ ഇതിനെക്കുറിച്ചുള്ള ശരിയായ അറിവ് എങ്ങനെ ഉണ്ടാവും അതിന്റെ തുടക്കം എങ്ങനെയാണ് ഒരുപടി അറുതിയിടാൻ അരുതാതെ അവാംഗ് മനോഗോചരം ഇതിലെന്ന് ും പ്രമാണം ഞാ പറ എന്റെ അഭിപ്രായം ചരിച്ചിലും പ്രമാണം എടുത്ത് പറയുമ്പോ ഞാൻ നമ്മൾ ഇനി വായിക്കുമ്പോഴൊക്കെയാണെങ്കിൽ ഇന്നതാണോ ഞാൻ പറഞ്ഞിരിക്കുന്നു അത് ഞാൻ ബാക്കി പറയാം പറ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കി കണ്ടുപിടിച്ചാൽ അതിനൊരു വില വരത്തും ഒരു മൂല്യം വരത്തും വേഗം പറ ും ഉള്ളതുമായി കലർന്നു നിൽക്കും ഏരകവും ഉള്ളതുമായി കലർന്നു നിൽക്കും അങ്ങനെയാണ് തുടക്കുന്ന ലോകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നീന്ത ഉലകളുമായി കലർന്നു നിൽക്കും അനീതി വരുന്ന എന്തൊക്കെയോ ഉള്ളതുമായി കലർന്നു നിൽക്കുന്നില്ല ആദ്യത്തെ അല്ല ഇത് മാത്രം നോക്കിയോ പുനകവും ഉള്ളവുമായി കലർന്ന നിലവരു അറുപതി ില്ക്കും നില വലുതായൊരു ദീന കേട്ടി നഷ്ടം അറുതിയിടാ അറുതിയിടാൻ അരുതാതെ വാങ്മനോടാൻ അരുതാതെ ഗുരു തന്നെ പറഞ്ഞിരിക്കുകയാണ് അറിയിടാൻ അരുതാതെ അവാംഗനോ ഗോചരം ഇതിന് അംഗീകരിച്ചിടും പ്രമാണം അവസാന അവാങ് മനോഗോചരം മനസ്സിനും എത്തിപ്പെടാൻ കഴിയാത്ത വിവിധ പ്രമാണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും പ്രമാണം പ്രവർത്തിച്ചില്ലെങ്കിൽ എങ്ങനെ പ്രമേയം ഉണ്ടാവും ഈ ബ്രഹ്മത്തെ ആരാണ് അറിയുന്നത് എല്ലാരും ആദ്യത്തെ ഭാഗമാണ് കുടവും ഉള്ളതുമായി കലടന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തകർക്കും അവസാന ഭാഗം വരുമ്പോ ആരും ഉണ്ടത്തില്ല അതുകൊണ്ടാർക്ക് പിടിയില്ല ഈ അവാംഗ് മനോചനമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടൊന്നും ആരും വ്യാഖ്യാനിക്കാൻ പോകത്തില്ല മറ്റത് തകർത്ത് പിടിച്ച് വ്യാഖ്യാനിക്കും അത് എന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു പ്രമാണമൊന്നുമില്ലല്ലോ കേട്ടോ അല്ല ഇതിന്റെ പിന്നെ ബാക്കി പിന്നൈഷ്യമാണിഷ്യമാനം അഭീശും പ്രമാണഭവ ആഗ്രഹിച്ചാലും ഇതിനറിയാൻ പറ്റില്ല എന്തുകൊണ്ട് പ്രമാണം ശബ്ദോഹിത പ്രമാണം വ്യക്തം ശബ്ദമാണ് പ്രമാണമായി ശബ്ദം ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള പ്രമാണമായിട്ട് എന്തിനാ പറയണം യഥാ പക്ഷേ ഇനി പറയാൻ പോകുന്നുണ്ട് എന്താണ് ശാസ്ത്രയോനിത്വ അടുത്ത സൂത്രം അതാതോ ബ്രഹ്മാണ് ശാസ്ത്രയോനിത്വം അത് ഞാൻ പറയുന്നതാണ് ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള പ്രമാണം അത് ശാസ്ത്രം ശാസ്ത്രം വേദമാണ് പറയുന്നത് സചേ തസ്യത്രം സചേ ആ ശാസ്ത്രം തൻ ന അവബോധിരി ആ ബ്രഹ്മത്തെ ബോധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കുതഹത്തസ്യത പ്രാമാണ്യം എങ്ങനെയാണ് ആ വേദത്തിന് ബ്രഹ്മത്തിൽ പ്രാമാണ്യം ഉണ്ടാകും ച്ചാ പിന്നെ വേദം ബ്രഹ്മത്തെ എങ്ങനെ ബോധിപ്പിക്കും എന്നുവെച്ചാ ഇവിടെ പറയാണ് വേദം അധ്യയനം ചെയ്തിട്ടും ബ്രഹ്മത്തെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വേദം എങ്ങനെ ബ്രഹ്മത്തെ ബോധിപ്പിക്കും വേദം ബ്രഹ്മത്തെ എങ്ങനെ ബോധിപ്പിക്കും എന്നുവെച്ചാ പ്രമാണാന്തരം ബ്രഹ്മണി പ്രക്രമതേ മറ്റൊരു പ്രമാണം ബ്രഹ്മത്തിന് ഇല്ല ബ്രഹ്മത്തിനെ ബോധിപ്പിക്കാൻ ഒരേ ഒരു പ്രമാണിത് എന്താണ് ഭാഷകാരം മുമ്പോട്ട് ഞാൻ പറയാ അനുഭവ പ്രമാണം അനുഭവവും പ്രമാണമാണ് മനസിലായ എന്ന് പറയും എന്നാലും മുഖ്യമായ പ്രമാണം വേദം തന്നെയാണ് വേറെ പ്രമാണമില്ല പ്രമാണാന്തരം ബ്രഹ്മി പ്രഭ വേറെ പ്രമാണമല്ല ഒരാൾ പ്രമാണം വേദമാണ് ഒരാൾ വേദം അധ്യയനം ബ്രഹ്മത്തെ അറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെങ്ങനെ ബ്രഹ്മത്തെ അറിയും ആണ് ചോദ്യം പൂർവക്ഷം താതുപിസന ഒന്നിനെ അറിഞ്ഞുകഴിഞ്ഞാൽ പ്രസിദ്ധസ്യ ജ്ഞാതം ശക്യസ്യ അറിയാൻ കഴിയുന്നുവെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അജിജ്ഞാസന പിന്നെ അതിനെ കുറിച്ചുള്ള എന്താണ് ജിജ്ഞാസ ഉണ്ടാകത്തില്ല അറിയാൻ ശേഷിയുള്ളതാണ് അറിഞ്ഞ് പിന്നെ അതിനെ കുറിച്ചുള്ള അപ്രസിദ്ധസ്യ ഒന്ന് ഒരിടത്ത് പറഞ്ഞിട്ടേ ഇല്ല ഇച്ഛായ ആ വിഷയത്വം അതൊരിക്കലും ഇച്ഛയ്ക്ക് വിഷയം ആകത്തില്ല പിന്നെ അശക്യജ്ഞാനത്വനോട്ടും അറിയാനും കഴിയത്തില്ല അതുകൊണ്ട് എന്ന ബ്രഹ്മ ജിജ്ഞാസ്യം അതുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല ഇത്യാക്ഷേപം ഇതാണ് പൂർവക്ഷം ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് ശുദ്ധ ബുദ്ധ മുക്തമാണ് ബ്രഹ്മം അത് എപ്പോഴും ഏകരൂപത്തിലിരിക്കുകയാണ് അത് അപോഷേയമാണ് സത്യജ്ഞാനന്ദം ബ്രഹ്മ തുടങ്ങിയ വേദാന്തവാക്യങ്ങൾ കൊണ്ട് വിചാരത്തിനു മുമ്പ് തന്നെ അറിയാൻ കഴിയും അറിഞ്ഞാലും ഈ പ്രശ്നം എന്തുകൊണ്ട് വീണ്ടും ജിജ്ഞാസ എന്തുകൊണ്ട് വരുന്നു പുരുഷന്മാരിൽ ദോഷമുള്ളത് കൊണ്ട് ഈ ജിജ്ഞാസ അന്ധക്കരണ ദോഷമുള്ളത് കൊണ്ട് എന്ന് വരുന്നു അവനെ അങ്ങോട്ട് സംശയ വിധിയും തീർത്തറിയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ജിജ്ഞാസ ഉണ്ടാവുന്ന ഇനി പറയാൻ പോകുന്നത് എന്താണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോ പറഞ്ഞ എന്താണ് സദാ ഏകരൂപത്തിലിരിക്കുന്നതാണ് പിന്നെന്താ പറഞ്ഞത് അത് അപൌരുഷയാണ് പിന്നെന്താ പറഞ്ഞത് നിത്യശുദ്ധമെന്ന് പറഞ്ഞത് ഫത്തും മസീദ് തുടങ്ങിയ മഹാവാക്യങ്ങളിലൂടെ അത് അറിഞ്ഞത് തന്നെയാണ് എപ്പോ അറിഞ്ഞു ഈ വിചാരം ചെയ്യുന്നതിനു മുമ്പ് തന്നെ ബ്രഹ്മവിചാരത്തിന് മുമ്പ് തന്നെ അതിനെ അറിഞ്ഞു വേദാധ്യനം ചെയ്തു അറിഞ്ഞെങ്കിലും അറിഞ്ഞ വ്യക്തിയുടെ അന്ധകരണത്തിൽ പല ദോഷങ്ങളും ഉള്ളതുകൊണ്ട് അതിനെ ഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയാൻ പോകുന്നത് അറിഞ്ഞു പക്ഷേ എന്ത് സംഭവിച്ചു ബ്രഹ്മത്തെ അറിഞ്ഞിട്ടും എന്താ സംഭവിച്ചത് അറിഞ്ഞവന്റെ അന്ധകരണത്തില് ദോഷമുള്ള അറിഞ്ഞവന്റെ അവന് വീണ്ടും അറിയേണ്ടി വന്നിരിക്കുന്നു അതിന് അപ്രാമാണാസ്കന്ധിതം എന്ന് പറയും ഈ ഞാൻ അറിഞ്ഞത് പ്രമയാണോ അത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം അവന്റെ ഉള്ളിൽ വരുന്നു സംശയം മറ്റും വരുന്ന അജ്ഞാന സംശയ വിനയങ്ങൾ അതുകൊണ്ട് അവൻ വീണ്ടും എന്ത് ചെയ്യുന്നു അറിയാൻ ആഗ്രഹിക്കുന്നു അതാണ് എനിക്ക് ചോദ്യം ഇതാണ് ഇതായിരുന്നു നമ്മൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ വേദം അധ്യയനം ചെയ്തല്ലോ അറിഞ്ഞാൽ അറിഞ്ഞുകഴിഞ്ഞെങ്കിൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല അറിഞ്ഞില്ലെങ്കിലും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകില്ല വേദാധ്യയനം ചെയ്തപ്പോ എന്തുകൊണ്ടറിഞ്ഞില്ല ബ്രഹ്മം വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയണ്ട നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം എന്താണ് ബ്രഹ്മം അതിനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചാലും അറിയാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് പൂർവക്ഷി പറഞ്ഞത് ഇപ്പൊ സിദ്ധാന്തി പറയുന്നത് എന്താണ് വേദാധ്യയനം ചെയ്തപ്പോ അറിഞ്ഞു കഴിഞ്ഞു എവിടെ നിന്ന് വേദാന്ത വാക്യങ്ങളിൽ പക്ഷെ അറിഞ്ഞവനൽ പല ദോഷങ്ങളും ഉള്ളതുകൊണ്ട് അവന് വീണ്ടും ഇതിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു അപ്പൊ ഇവിടെ വേദത്തില് കുറ്റമൊന്നുമില്ല കുറ്റം മുഴുവൻ ആരിലാണ് അറിയാൻ ശ്രമിക്കുന്ന വ്യക്തിയിലാണ് ദോഷം വേദ അധ്യയനം ചെയ്തവനാണ് ദോഷം അപ്പോ ഒരാൾക്ക് എന്തുകൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നുണ്ടായിരുന്നു ജീവിതകാലം മുഴുവൻ ബ്രഹ്മത്തിന്റെ പിറകാണ് പക്ഷെ ബ്രഹ്മജ്ഞാനം മാത്രം ഉണ്ടാകുന്നുണ്ടെന്ന് ചോദിച്ചാൽ അദ്വൈതത്തിലും മറുപടി വളരെ സിമ്പിളാണ് എന്താണ് അവനു പുരുഷ ദോഷം ആ വ്യക്തിയിൽ പല ദോഷങ്ങളും ഒരിക്കുന്നുണ്ട് അപ്പോ ഗുരുവിന്റെ പിറകെ ശിഷ്യൻ ജീവിതകാലം മുഴുവൻ നടന്നു അവസാനം ഗുരുവിന്റെ സമയം ആയി തീരാറായി അപ്പൊ ശിഷ്യൻ ഇത്രയും കാലം ഞാൻ നടന്നിട്ട് എനിക്ക് ഇതുവരെ ബ്രഹ്മജ്ഞാനം ഉണ്ടായില്ലോ ഗുരു എന്ന് ചോദിച്ചാ ഗുരു ശിഷ്യനോട് എന്തു പറയും എന്താ പറയുന്നു എനിക്ക് യോഗ്യത ഇതുവരെ ഉണ്ടായില്ല ഞാനെന്ത് ചെയ്യാൻ അത് അതൊക്കെ ചെയ്തല്ലോ അപ്പൊ ശിഷ്യൻ ചോദിക്കാണ് അത് ഗുരുവിനങ്ങനെ മനസ്സിലായി ഞാൻ ഇത്രയും കാലം ഗുരുവിനെ സേവനം ചെയ്ത് ഗുരുവിന്റെ പറയുകയാണെന്നിട്ട് എനിക്ക് മനസ്സിലാത്തത് എനിക്ക് യോഗ്യതയില്ലാത്തോണ്ടാണെന്ന് ഗുരുവിനെ മനസ്സിലാക്കി ആ ഗുരു പറയരുത് അതുതന്നെയാണ് എന്റെ ഗുരു എന്നോടും പറഞ്ഞത് അവസ്ഥ പരമ്പരാശിഷ്യ പരമ്പര കേരള ഗോത്രത്തിലുള്ള സൂത്രം സൂത്രം ഗോത്ര പറഞ്ഞില്ല ഇതൊരു ഭയങ്കര ഒരുങ്ങോ പറയുന്നത് ഇവിടെ ഇയാക്കെന്തൊക്കെ അറിയാതെ ഞാനൂടി ജന്മം കൊടുത്താൽ നല്ലൊരു പറയാ ചവിട്ടിക്കുട്ടിക്ക നേരത്തെന്ന് പറയാതല്ല സത്യത്തെ സംഭവിക്കുന്ന കാര്യങ്ങളായത് അമ്മ കണ്ടിട്ട് അച്ഛനെ ഗുരുക്കന്മാരുടെ കൂടെ ആർക്കാൻ ഇങ്ങനെ നടക്കുകയല്ല അവരെന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിശുദ്ധ ഇവിടെ അങ്ങനല്ല പിന്നെ തുണി സം കഴുകി കൊടുക്കും ഒരാള് സേവനം ചെയ്യുന്നതിന് എന്താ ദോഷം മന്ത്രോപദേശമൊക്കെ തന്നില്ലേപദേശ പിന്നെന്തോ അത്രയും കിട്ടിയില്ലേ നീ എഴു കൊടുത്താൽ അപ്പൊ എന്ത് സേവ ചെയ്താലും ൊരു രക്ഷയില്ല അതെനിക്ക് വെച്ച വേണ്ടെന്താ പറയുന്നത് അശക്യജ്ഞാനത്വച്ചാസ്യം എന്നുള്ള ചോദ്യം അതിന് ഉത്തരം ഇനി പറയാൻ പോവുകയാണ് പ്രശ്നമൊന്നുമല്ല എന്താണ് നീ വേദാധ്യനം ചെയ്തപ്പോ തന്നെ അതിൽ നിന്ന് അനന്തം ബ്രഹ്മ എന്നൊക്കെ കേട്ടല്ലോ ബോധമുണ്ടായി പക്ഷെ നിനക്ക് ദോഷങ്ങളുള്ളത് കൊണ്ട് അപ്രാമാണിജ്ഞാന അസ്കന്ധിതമായി പോയി നിന്റെ മനസ്സിൽ ഒരുപാട് അപ്രാമാണി ജ്ഞാനങ്ങളൊക്കെ വന്നു പോയി സംശയം വന്നു ഇത് ഇങ്ങനെയാണോ ബ്രഹ്മ എങ്ങനെ ശരിയാവും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇനി ഒന്നുകൂടി ബ്രഹ്മവിചാരം ചെയ്യണം തദ്ഗുരുമേവ അഭികച്ച് സ്വോത്രിയം ബ്രഹ്മനിഷ്ഠം എന്നൊക്കെ മനുഷ്യത്തിൽ പറയുന്നതാണ് പിന്നെ ഇത് സാറിനെ ഇതിങ്ങനെ ഇതൊക്കെ പഠിക്കുമ്പോഴേ ഏത് ബ്രഹ്മത്തെ കുറിച്ചൊക്കെ ആൾക്കാർ ഒന്നും ഇതുപോലെ വിട്ടു പറഞ്ഞു കൊടുക്കത്തില്ല ക്ലിയറായിട്ട് ഇതാണ് ഇതിന്റെ സംഭവം മനസിലായോ ഇത് ക്ലിയറായിട്ടെല്ലാം വിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് ചിരിക്കും അതെന്താ സംഭവിക്കുന്നത് അല്ലേ തുറന്നു പറഞ്ഞപ്പോ ചിരി വന്നെ ജീവിതകാലം അത് ഗുരു പറഞ്ഞിട്ടുണ്ട് അവസാനേ പറയാവു ഉപയോഗിക്കാറുല്ലേ കൂടുതലും അവസാനം അതെ അതെ ആദ്യം പറഞ്ഞ ഞാനേ ജീവിതത്തിൽ ഞാൻ കൊറേ യാത്ര ചെയ്തതാ മാത്രം എന്റെ കാലഘട്ടത്തില് എല്ലാരും വാടാ പിടിക്കടാ പിടിക്കടാന്ന് പരിഹരതി അന്ന സമാനം എനിക്ക് പറയുന്നു ഭാഷകാരന്റെ എന്താണ് പറയുന്നത് ഉച്ചദേവസ്ഥി തവത് ബ്രഹ്മ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം ഇതാണ് ഭാഷ എന്താണ് ഭാഷകാരന്റെ ടോർക്കിടം നിത്യശുദ്ധം ബ്രഹ്മ ഉണ്ടേ എന്നാ പറയുന്നു ശിഷ്യനോട് പറയണെങ്കിൽ നിരാശപ്പെടുന്ന ഉണ്ട് എന്താണത് ഉണ്ട് അത് നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം നിത്യമാണ് ശുദ്ധമാണ് ബുദ്ധമാണ് മുക്തമാണ് ശരി നമുക്ക് നിർത്താം